വൈശ്യൻ സമാജത്തിലെ ഏറ്റവും മാന്യനായി മാറിയിട്ടുണ്ട് രസിക്കുന്ന കാര്യങ്ങളാവാൻ ആവാൻ വഴി കുറവാണ് ശരിയല്ലെന്ന് ശരിയല്ലെന്ന് എൻ്റെ മോധവും നിങ്ങൾ പറയില്ലെന്നുള്ള കണ്ടിടം മാത്രമേ എനിക്കുള്ളൂ നിങ്ങൾ പറഞ്ഞേക്കും ശരിയാണ് പക്ഷേ അതുകൊണ്ടിത് വണിക്കുകൾ ഇന്ത്യയിലേക്ക് ഒരു കയും വണിക്കുകൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്തത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിന് ശേഷമാണ് ആണ്ടം തീയതിയും കപ്പൽ കോഴിക്കോട് കടപ്പുറത്ത് അടുത്തതിനു ശേഷം വൈദേശിക വണിപ്രവരന്മാരുടെ ആഗമനത്തോടു കൂടി ഇന്ത്യയിൽ സംഭാവന ചെയ്തതാണ് ഈ കാരണം വാഗ്ബടൻ്റെയും ചരകന്റെയും സുശ്രുതന്റെയും ഗ്രന്ഥങ്ങളിൽ ുടെ റെ റെഫറൻസ് ഇല്ല മാധവനിദാനത്തിലുണ്ട് അതുകൊണ്ട് കൂടിയാ പറഞ്ഞത് മാധവനിദാനകാരൻ ഔപസർഗിക രോഗങ്ങളുടെ പട്ടികയിൽ ഇതേ ചെറുതും നിവഛരിക്കുകയും ഔഷധങ്ങളെ കുറിച്ച് ചെയ്തിട്ടുണ്ട് പിന്നീട് മാതവനിദാനത്തിൽ ഔഷധമില്ല നിദാന പുസ്തകമാകും അതങ്ങനെ എഴുതിക്കൊണ്ട് പോകരുത് നിദാനം രോഗനിദാനം മാത്രമാണ് അവ മാറുന്നതിനൊണ്ട് കണ്ടെത്തിയ മരുന്നുകൾ വളരെ നിസ്സാരങ്ങളുമായിരുന്നു ആ കാലഘട്ടത്തിൽ അത്തിയുടെ പാല് വലിയ ഔഷധമായിരുന്നു അത്തിയുടെ തളിരൗഷമായിരുന്നു കുരുമുളക് അരച്ച ഒരു നെല്ലിക്കയോളം വലിപ്പത്തിലെടുത്ത് എള്ളെണ്ണ ചേർത്ത് കഴിച്ചാൽ ഒറ്റ ഡോസിൽ മാറുന്നതായ എഴുന്ന ഇന്നും ഗൊണേറിയക്കും സിവിലീസിനും ഒക്കെ അന്ന് പറഞ്ഞിട്ടുള്ള ഔഷധങ്ങളിൽ പ്രധാനപ്പെട്ട നിസ്സാരങ്ങളാണ് കുരുമുളക് അരച്ച് എണ്ണ ചേർത്ത് കുഴച്ച് ഒരു ചെറുനാരങ്ങയോളം വലിപ്പത്തിൽ എടുക്കുക കഴിക്കുക കത്തും അതുകൊണ്ട് മാറും അത്തിമരത്തിന്റെ പാല് കറ അത് കഴിക്കുക അത്തിമരത്തിന്റെ ഇല അരച്ച് തേങ്ങാ പാലും ഔഷധങ്ങളായി നിലമ്പരണ്ട അരച്ചു കഴിക്കുക നിലപ്പണക്കിഴങ്ങ് അരച്ച് കഴിക്കുക പുളിങ്കുരുവിന്റെ തോട് പിടിച്ച് പാലിൽ തിളപ്പിച്ച് കഴിക്കുക ഇവയൊക്കെ തന്നെയാണ് പിന്നീട് വൈറ്റ് ഡിസ്ചാർജിന് വെള്ളപോക്കിന് അസ്ഥി ഔഷധങ്ങളായി രൂപാന്തരപ്പെട്ടു വളരെ ശ്രദ്ധിക്കേണ്ട രോഗമാണെന്നും അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ മറ്റു പലതുമായി പരിണമിക്കുമെന്നും ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെയും അറുപതുകളിലെയും എഴുപതുകളിലെയും നാടൻ വൈദ്യന്മാർ സ്ത്രീകളോട് പറഞ്ഞപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രം നെറ്റിചുളിക്കുകയും മുഖം കോടിക്കുകയും ചെയ്തുകൊണ്ട് വിവരം കേടാണ് പറയുന്നതെന്നും ഇതൊരു രോഗമല്ലെന്നും സ്ത്രീകളിനെ പേടിക്കേണ്ടതില്ലെന്നും ഒക്കെ പറഞ്ഞ് ധരിപ്പിച്ചതിന്റെ ഭിന്നാമ്പുറക്കാഴ്ചയാണ് ഇന്ന് സർവീക്സിൽ നടക്കുന്ന ക്യാൻസറിൽ തൊണ്ണൂറ് ശതമാനവും മനസിലായില്ല തനിക്ക് വൈ ഡിസ്ചാർജ് ഉണ്ടായിരുന്ന കാലങ്ങളിൽ വീട്ടിൽ അമ്മ ഉണ്ടാക്കി തന്ന ഔഷധങ്ങൾ കഴിച്ചു മാറിയതോർത്ത് ആധുനിക ചുറ്റുപാടിൽ വിദ്യാഭ്യാസമുള്ള മകൾക്ക് ഈ രോഗങ്ങൾ കണ്ട് ശരീരം ക്ഷീണിക്കുന്നത് കണ്ട് തലമുടി കൊഴിയുന്നത് കണ്ട് ബുദ്ധിമുട്ടോടു കൂടി ആധുനിക വൈദ്യശാസ്ത്രം പഠിച്ച ഗൈന കോളജിസ്റ്റിന് അടുക്കലേക്ക് അതൊക്കെ വിവരക്കേട് വൈദ്യന്മാർ പറയുന്നതാണ് ഇതൊക്കെ സ്ത്രീകൾക്കുള്ളതാണ് മേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞ് സമാധാനം ചെയ്ത് അത് വർദ്ധിച്ച് അത് വെള്ളയിൽ നിന്നും മഞ്ഞയിലേക്ക് മാറി അത് പഴുക്കോടുകൂടിയതായി പലതരത്തിൽ രൂപാന്തരപ്പെട്ട് മാരകമായി തീർന്നു കഴിയുമ്പോൾ ഭർത്താവിലേക്കും ഭാര്യയിലേക്കും പലതരം വൈറസുകളായി സംക്രമിച്ചു കഴിയുമ്പോൾ എച്ച് കണ്ടെത്തിയതിനു ശേഷം മാത്രമാണ് ആധുനിക വൈദ്യശാസ്ത്രം ഇത് ഭയപ്പെടേണ്ടതെന്നാണ് ചിന്തിക്കാൻ തുടങ്ങിയത് നിങ്ങളുടെ ശാസ്ത്രത്തിൻ്റെ വിവരവും വിവരക്കേളും ഇത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് അനുഭവമുള്ളവരായിരിക്കും വിളിക്ക് പലരും ശരിയല്ല ഏ പിഴിക്കുന്ന സ്ത്രീകളിൽ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നന്നായി അനുഭവമുള്ളവരായിരിക്കും പറയാൻ അവർക്ക് അറിഞ്ഞു കൊണ്ടുവരില്ല എന്നൊന്നും എനിക്കറിയില്ല എന്നിട്ടാണ് പിള്ളേരെ വീണ്ടും ആ ഛാസ്ത്രം പഠിക്കാനായിട്ട് മാത്രം കെട്ടി എഴുന്നള്ളിക്കുന്നത് സഹിക്കാവുന്നതിൽ കൂടുതലാണെന്ന് തോന്നുന്നു അല്ലെ സഹിക്കാവുന്നതിൽ കൂടുതലാണെന്ന് തോന്നും ശാസ്ത്രത്തിന്റെ സമുന്നത സങ്കല്പങ്ങൾ ഉൾക്കൊണ്ടൊരു തലമുറ അന്ന് വളരെ എളുപ്പത്തിൽ ഇതിന് ഔഷധങ്ങളെ രൂപപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് നിലമ്പരണ്ട നലപ്പന കിഴങ്ങ് പറഞ്ഞ പുളിംഗുരുവിന്റെ പരിപ്പ് തോട് കളഞ്ഞിട്ട് തോട് സുഗർന്ന് നല്ല ഔഷധമാണ് ോന്ന് പറയുന്ന പുളിയുടെ തോടല്ല കുരുവിന്റെ തോട് ചുമന്ന തോട് മനസിലായില്ല പുളി കുത്തിയെടുക്കുന്ന കുരുവുണ്ട് അതൊന്നും കണ്ടിട്ടുണ്ടാകാൻ വഴിയില്ല മേടിച്ചു ഞങ്ങി ജീലിക്കുന്നവർക്ക് എങ്ങനെ ഇത് കാണാൻ പറ്റും എല്ലാം കൊറേ പണവും മാറ്റിയിട്ടുണ്ട് പോയി കിട്ടുന്നത് മേടിക്കാൻ മേടിക്കുന്ന വഴി തിന്നുക തിന്നാറാക്കി തരാൻ കൊറേ ശരിയല്ല എല്ലോ ഉണ്ടാക്കി തിന്ന് ശീലിക്കണം ഇല്ലെങ്കിൽ ജനിതകത്തിൽ അറിവൊക്കെ പോകും വരുന്ന തലമുറയിലെ പിള്ളേരെയൊക്കെ ബ്രോയിലർ കോഴി പോലെ ഇരിക്കും പിന്നെ അതിനെ വേറെ വല്ലൊരു ചാപ്പിടും ചാപ്പിട്ട് തുടങ്ങിയിട്ടുണ്ട് അതായത് റിയാലിറ്റി ഷോയിലൊക്കെ കൊണ്ടുപോകുമ്പോ കാണാൻ മേലെ ജഡ്ജസ് പറയുന്നത് നിന്നെനിക്ക് കഴിച്ചു തിന്നാൻ തോന്നുന്നു കാരണം ബ്രോയിലർ കോഴിയായിരിക്കുന്നത് അത് കേട്ട് തന്നേയും തള്ളയും കൈയടിക്കുക എന്ത് വിവരം കുറഞ്ഞ സംസ്കാരം ഞാൻ ആദ്യം ഞാൻ അധികമാകുന്നുണ്ടോ ആരെങ്കിലും വേണം പറയാൻ ലെ മോട് കായികം താഴെ ഭൂമിയാ അടുത്ത തലമുറയെ പറ്റി ദുഃഖിക്കാനും ഇല്ല ചത്തുപോയാൽ പട്ടിണിയാവുന്ന ഭാര്യയെ പറ്റി വിചാരിക്കാനും വിചാരിക്കാനും തിരിച്ചു പോകാനോടോ ഇല്ല ഇത് ഫൈനലാണ് അതുകൊണ്ട് പേടിക്കണ്ട പക്ഷെ കേൾക്കുന്ന നിങ്ങൾക്ക് പേടി വരാനിടയുണ്ട് അതുകൊണ്ട് ആലോചിച്ച് നോക്ക അതുകൊണ്ട് വല്ലവൊക്കെ ഉണ്ടാക്കി കഴിച്ച് പഠിക്കണം ജനിതകത്തിനകത്ത് അറിവുണ്ടാകണം അവർക്കേതറിയും കുടുംകുരു കണ്ടിട്ടുണ്ടോ ഇല്ല അതിന്റെ തൊലി ഗോഡെന്ന് പറയുന്നത് ആ കട്ടിയുള്ള തൊലി എന്ന് പറയുന്നതാണ് കൂടുതലും ശരി കുരുവിന്റെ തൊലി ഒരു ചുവപ്പ് നിറം കലർന്ന് കാണാം ചെലപ്പോ ഒരു മഞ്ഞയോട് അടുത്ത് കാണും ആ തൊലി എടുത്ത് പൊടിച്ച് വെച്ചാൽ മാറും കഴിച്ചാൽ ഏ ചൂട് വെള്ളത്തിൽ കഴിച്ചാ പൊടിച്ചു വെച്ചിട്ട് ചൂട് വെള്ളത്തിൽ കഴിച്ചാൽ മതി രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ഭക്ഷണം കഴിക്കുന്ന അരമണിക്കൂർ മുമ്പ് കഴിച്ചാൽ ഷുഗർ കൺട്രോളിരിക്കും ഒരു ഡീസ്ടാ കാളയെ പോലെ ആവും കഴിച്ചാ കാളയെ പോലെ ആവും മനസിലായില്ല കൊമ്പുവിളക്കല്ല പറഞ്ഞ ദൃശ്യമാണെന്നാണ് പറഞ്ഞത് വൃക്ഷം എന്ന് പറഞ്ഞാൽ കള വൃശ്യം എന്ന് പറഞ്ഞാൽ അമ്പലക്കാളയെ പോലെ അത്രയും മതിയെന്നാ എനിക്ക് മനസ്സിലാകാൻ മാത്രമൊക്കെ ആവും നല്ല ആരോഗ്യം ഉണ്ടാകാൻ പോകുന്നതാണ് പുളിങ്കുരുവിന്റെ ആ വണ്ടിക്കാളയ്ക്കും പുഴാനുള്ള കാളയ്ക്കും പുളിമ്പൊടി ഇളക്കി കൊടുക്കുന്ന കണ്ടിട്ടില്ലേ പുളിമ്പൊടി എടുത്ത കാളെ കണ്ടു ആ ചന്തണ്ട് അതുകൊണ്ട് നല്ല സാധനമാണ് അതിൻ്റെ അകത്തെ പരിപ്പ് ഇതര അതിൽപ്പെട്ട ഒന്നാണ് അസ്ഥിരുക്കം സോമരോഗം അതിന് വളരെ നല്ലതാണ് പാലിൽ പൊടിച്ച് പാലിൽ തിളപ്പിച്ചു കൊടുത്താൽ നിൽക്കും എളുപ്പത്തിൽ നിൽക്കും പഴയ കാലത്ത് ഇത് കൂടാത്ത ഉണ്ട് നിലമ്പിരണ്ട വിഴിഞ്ഞുള്ള നീരതിൽ ഭൂമിതാലഞ്ച കൽക്കമായി നെയ്ജമു കഴിച്ചീടിൽ നെടുമ്പാടകന്നുപോകും ശങ്കയന്തിന് എന്നും മറ്റും വീട്ടുകാർ ഓർത്തു വെക്കും നെടുമ്പാടെന്നു പറഞ്ഞാല് വൈറ്റ് ഡിസ്ചാർജ് പെട്ടെന്നു നിൽക്കും നിലമ്പരണ്ടയുടെ നീരില് നിലപ്പനക്കിഴങ്ങ് കൽക്കമായിട്ട് എണ്ണ കാച്ചി വെച്ചിട്ട് കഴിക്കുക തിരുവാതിര നാളിൽ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ തന്നെയാണ് എൻ്റെ ഒരു ഓർമ്മ വടക്കൻ കേരളത്തിലൊക്കെ നിലമ്പരണ്ട് അരച്ചതും പൂവൻപഴവും നലപ്പനക്കിഴങ്ങ് പൊടിച്ചതും പഞ്ചസാരയും കൂവപ്പൊടിയും ഉണക്കമുന്തിരിങ്ങയും തേനും ചേർത്ത് വിരകും കഴിയിട്ടില്ല വരകുക എന്ന് പറഞ്ഞാൽ അറിയുമെന്നറിയില്ല ആ എന്നിട്ട് കളി പോലെ ഉണ്ടാക്കി കഴിക്കും തിരുവാതിര ദിവസം സ്ത്രീകൾ പ്രത്യേകം കഴിക്കുന്നതാണ് ഒരു കൊല്ലത്തേക്ക് ഈ വൈറസുകൾ കയറികൂടുകയസ്ചാർജ് ഉണ്ടാവില്ല അത് സെർവിക്സിലെ ക്യാൻസർ വരുന്നതിലൊരു വലിയ സൂചനയാണ് അതുപോലെ തന്നെ മുസ്ലിം സ്ത്രീകളിൽ വളരെ കുറവാണ് കാരണം ശൗജാദികൾക്ക് പ്രാധാന്യം ഇത് മുസ്ലിങ്ങളുടെ ഇടയിലുണ്ട് പഴയകാലത്ത് ഇവിടുത്തെ ഹിന്ദു സമൂഹങ്ങളും യൂറിൻ പാസ് ചെയ്താലും ശൗചാതികളൊക്കെ ചെയ്യുവരുത് മനസ്സിലായില്ല മോശമായി പുരോഗതി വന്നപ്പോ വിദ്യാഭ്യാസം വന്നവോ അവിടെ ഈ രോഗങ്ങളൊക്കെ കൂടുതൽ വർധിക്കാൻ കാരണമായത് അതുകൊണ്ട് സർവീക്സിലെ ക്യാൻസറിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻസിന്റെയും ഹിന്ദുസിന്റെയും ഇടയിലാണ് സ്ഥിതിവരെ കണക്കുകൾ വെച്ച് നിങ്ങൾക്ക് പഠിക്കാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർവിക് ക്യാൻസർ ഉള്ളത് ആർ സി പഠനം എടുത്തും നോക്കാം ആ പഠനം നിങ്ങൾക്ക് വിവരാവകാശം അന്വേഷിക്കാം ആവുമെന്നാണ് എൻ്റെ ധാരണ ഏതായാലും ഞാൻ നടത്തിയത്തോളം പഠനം വച്ച് പറയാൻ കഴിയുക സെർവിക്സിലെയും ജെനിറ്റലിലെയും ക്യാൻസർ മുസ്ലിങ്ങളുടെ ഇടയിൽ കുറവാണ് मुस्लिम कैंसर मुस्लिम स्त्री वौचाल प्राधान्यमट्री मुदलायड़ी गमी लैंगिक मुदला गे रंग സമാജത്തെ ഒട്ടേറെ രോഗങ്ങളിലേക്ക് വലിച്ചയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു നിർത്തുന്നതായിരിക്കും പിള്ളേരി കൊണ്ട് നല്ലത് അതുകൊണ്ട് വീട്ടിൽ പോയി ആലോചിച്ചാ മതി മനസിലായെന്ന് വളരെ സങ്കീർണങ്ങളായ സമസ്യകളായതൊക്കെ ഫസിലിറ്റി ഇല്ലാത്ത സ്ഥലങ്ങൾക്കെതിരെ നിങ്ങൾക്ക് ഉന്നയിക്കാം ഒരു സ്കൂളിൽ പതിമൂന്ന് ലാട്രിൻ വേണം ആ പതിമൂന്ന് എണ്ണം ഉണ്ടായിരിക്കണം പതിമൂന്നെണ്ണവും ശുചീകരിക്കണം ആയിരം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിനകത്ത് പതിമൂന്ന് ലാറ്ററിൻ വേണം അതില്ലെങ്കിൽ നിന്ന് കേസുകൊടുക്കാം മനസ്സിലായില്ല ഒരു ഓഫീസിൽ ഇത്ര പേരുണ്ടെങ്കിൽ അതിന് ഇത്ര വേണം ഒരു ഹോട്ടൽ തുടങ്ങുന്ന വേണമെങ്കിൽ കാറ്ററിംഗ് ഉണ്ട് ഇന്ത്യൻ കാറ്ററിംഗ് ആക്ട് എടുത്ത് വായിച്ച് പഠിക്കണം അവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ലാറ്ററിൻ ഉണ്ടാകണം ക്ലോസെറ്റ് ഉണ്ടാവണം വെള്ളം ഉണ്ടാവണം അത് ശുചിയാക്കി വെച്ചിട്ടുണ്ടാവണം ഇല്ലാതെ ഭക്ഷണം കൊടുക്കാൻ അനുവാദമില്ല അതിലെ കിച്ചനിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി ലാറ്റ്രിൻ ഉണ്ടാകണം കിടപ്പുമുറികൾ ഉണ്ടാവണം അവർ കിച്ചനിൽ കിടക്കാൻ പാടില്ല പാചകം ചെയ്യുന്നിടത്ത് കിടക്കാൻ പാടില്ല ആറുമാസം കൂടുമ്പോ അവർക്ക് ചെക്കപ്പ് ഉണ്ടാകണം ശാരീരിക രോഗങ്ങളോ പകരുന്ന രോഗങ്ങളോ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം ഇതിലെല്ലാം നിയമവ്യവസ്ഥ ഉണ്ട് ഇന്ത്യ ആദ്യം കേൾക്കുക ഇന്ത്യൻ ആക്ട് നോക്ക കേൾക്കുന്നത് ആദ്യമാണ് വക്കീലന്മാർ ആരെങ്കിലും മാർ ആരണ്ടു വീട്ടുണ്ടാവില്ല ഒരാളില്ല അവർക്കറിയാവില്ല കേട്ടിട്ടില്ല ഒരാൾ പോലും മഹാന്മാർ ജനിച്ച ഇന്ത്യ അവരുടെ ഇന്നത്തെ ജനത ജനാധിപത്യത്തിന്റെ അറുപത് പിറന്നാള് കഴിയുമ്പോ അതുകൊണ്ട് ലാറ്റോളാം അയ്യരാണെന്ന് തോന്നുന്നു ആ സംശയം ഉന്നയിച്ചത് നിങ്ങൾക്ക് വേണ്ടാത്തതുകൊണ്ട് കാരണം നിങ്ങൾ എവിടെയും നിന്നും ഉള്ളുന്നത് കൊണ്ട് നിയമസഭയ്ക്കാത്തായാലും ഏറ്റുനിന്നും ഉള്ള സംസ്കാരമേ നിങ്ങൾക്ക് ഉള്ളൂ എന്നുള്ളത് സംസ്കാരത്തിന്റെ ബാക്കി പത്രമാണ് രാജ്യത്തായിക്കു നിയമങ്ങളുണ്ട് വ്യവസ്ഥാപിത രീതികളുണ്ട് അപ്പൊ ഇന്ന് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ കാണുന്നത് ഈ അതിൽ എച്ച് പി ആണ് പ്രകടമായി കാണുന്നത് എന്നാൽ എച്ച് പി വി വളരെ അപകടകരമാണ് രണ്ടും കലർന്നു വരും വളരെ വ്യാപിച്ചിട്ട് ലക്ഷണങ്ങൾ കാണുള്ളൂ പ്രസവം കഴിഞ്ഞു കുറെ കാലത്തേക്ക് അതുപോലെ തന്നെ ഈ വൈറ്റ് ഡിസ്ചാർജ് എന്തെങ്കിലും കണ്ടാൽ ഒക്കെ ശ്രദ്ധാപൂർവ്വം മരുന്ന് ചെയ്യുന്നതിൽ പഴയ അമ്മമാർ മിടുക്കലായിരുന്നു ഈ ക്യാൻസറിന് നൂറ് ഫലപ്രദമായ ഒരു ഔഷധമാണ് ഒരു വേരൻ പെരിങ്ങലം വട്ടഫലം വട്ടപ്പെരിങ്ങലം തീട്ടപ്പ്രാവില എന്ന മേലുകളിലൊക്കെ അറിയപ്പെടുന്ന വെളുത്ത പൂവുള്ള കണ്ടിട്ടില്ല ശോന്ന പൂവുള്ളതിന് അത്ര ഫലപ്രദമല്ല വെളുത്ത പൂവുള്ളത് അതാണ് ഔഷധം അത് പിന്നീട് പൂന്തോട്ടത്തിൽ വെച്ച് വളർത്താൻ വേണ്ടി വളർത്തിയെടുത്തതാണെന്ന് തോന്നുന്നു അത് വളരെ അത്ഭുതകരമായ ഒരു ഔഷധ സത്യമാണ് ഒട്ടേറെ ഔഷധങ്ങളായി ഉപയോഗിക്കുന്നതാണ് അതിൽ ഏറ്റവും എല്ലാ വൈറസുകൾക്കും നല്ലതാണ് അതാണ് പെരിങ്ങല കടലാടി ഇതിനുത്തമമാണ് കടലാടി അപാമാർഗ വളരെ അണുനാശകമായ ഒരു ഔഷധമാണ് ലെഡ് ഇതിന് വളരെ നല്ലൊരു ഔഷധമാണ് അത് എഴുതിയെടുക്കണ്ട നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയില്ല ലെഡ് പ്ലംബോ പ്ലംബോ മറ്റൊക്കെ കഴിക്കാം കുഴപ്പമില്ല ഒരു തട്ടിക്ക് മോളിൽ കഴിക്കണം അല്ലെങ്കിൽ ചിലപ്പം കമ്പനി നല്ല പോലൊക്കെ ഉണ്ടാക്കി ഒക്കെ ആണെങ്കിൽ ചിലപ്പം ഫ്ലൈറ്റ് ലെറ്റിൻ്റെ അളവ് കുറയും വളരെ വേഗത്തിൽ പ്ലംബം ബ്ലഡ് ബ്ലഡ് നല്ല അണുനാശകമാണ് ബ്ലഡ് അർബുദത്തിൽ വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണ് വങ്കഭസ്മം പിന്നെ സ്രോതോഞ്ജനം സൗവീരാഞ്ജനം രണ്ടു ഔഷധമാണ് അണുബാധയിലൂടെ വരുന്ന എല്ലാ ക്യാൻസറുകൾക്കും അത്യുത്തമമായ ഒരു ഔഷധമാണ് ഈ അഞ്ജനങ്ങൾ പഴയകാലത്ത് നിന്നും സ്ഥിരമായി കച്ചവടത്തിന് പറ്റില്ലാത്തതുകൊണ്ട് പൂർവ്വ ആചാര്യന്മാർ ഇവയെ ഒരു പതിനായിരം കൊല്ലത്തേക്ക് ഒന്നിച്ച് ഉണ്ടാക്കി വെച്ചിട്ടാണ് മരിച്ചുപോയത് തങ്ങളുടെ അടുത്ത തലമുറ ഒരു പതിനായിരം കൊല്ലത്തേക്ക് ഈ രോഗങ്ങൾ വരാതിരിക്കാനുള്ള പ്രിവെൻഷൻ എടുത്തുകൊള്ളട്ടെ എന്ന് തീരുമാനിച്ച് ഒരു പതിനായിരം കൊല്ലത്തേക്ക് വെച്ച് സ്ഥിരമായി അതിൽ നിന്ന് ചെറിയ അളവിൽ കഴിച്ച് ശരീരത്തെ അത്യുത്തമമായി കൊണ്ടുപോവാൻ പാകത്തിന് ഒരു സംസ്കാരത്തെ ചെരിപ്പെടുത്തി വെച്ചിട്ട് മാത്രമാണ് നിങ്ങളുടെ അപ്പനക്കൂപ്പന്മാർ മരിച്ചത് പക്ഷെ തന്തയും തല്ലയും തിരിച്ചറിയാനുള്ള ജനിതകം ഇല്ലാതെ പോയത് കൊണ്ട് അത് നശിപ്പിച്ചു കുത്തുവാള എടുപ്പിച്ചു നിങ്ങളെന്നുള്ളതാണ് വസ്തുത മൃദം പോയിട്ടുണ്ടോ ഇല്ല ശബരിമലയിൽ പോയിട്ടുണ്ടോ ഇല്ല പളനിയിൽ പോയിട്ടുണ്ടോ ഇല്ല എന്തിനായി പളനിയിലും മൃദംഗശയിലേശ്വരത്തും ശബരിമലയിലുമൊക്കെ ഇത്രയധികം വ്രതം ഒന്ന് ഭഗവാനെ തൊഴാൻ പോവാൻ ഇന്ന് വ്രതം എടുത്തിട്ടും ശബരിമലയിൽ പോയിട്ടൊന്നും അന്നുള്ള കാര്യമൊന്നും സാധിക്കില്ല അന്ന് പോയാൽ വനത്തിലൂടെ ശുദ്ധവായും ശ്വസിച്ച് പൊടിയരി കൊണ്ടുപോയി കഞ്ഞിവെച്ചു കുടിച്ച് പൊടിയരി കൊണ്ടുപോകുമ്പോ എന്താ കൊണ്ടുപോയിരുന്നത് പഴയ ആളുകളോട് ചോദിക്ക് ഇതിനകത്ത് വയസ്സായ ഒരു ഇരിപ്പുണ്ടെങ്കിൽ ശങ്കലം പരണ്ട എന്നൊരു ചെടിയുണ്ട് കണ്ടിട്ടുണ്ടോന്നറിയില്ല കൊടംപുളി എന്നൊരു പുളിയുണ്ട് ഉഴുന്നും മുതിരെയും ചെറുപയറും വറുത്ത് മുളകൻ ചേർത്ത് ചങ്ങലം വരണ്ടെയും കൂട്ടി ഒരലിലിടിച്ച് ഉണ്ടാക്കി ചെമ്പാവ് നെല്ലിന്റെയോ കാറ്റാടി നെല്ലിന്റെയോ അരി ഒരു പുഴുക്കനായി കുത്തി ഒരു പുഴുക്കനെന്നൊന്നും പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് അറിയും തോന്നില്ല അറിയണമായിരുന്നെങ്കിൽ നല്ല വള്ളയ്ക്കുന്ന എന്തൊക്കെയൊക്കെ ജനിക്കണായിരുന്നു എന്നോട് ദേഷ്യം വരൂല്ലേ അത്രയും കുറച്ചുപേരോട് പറഞ്ഞാൽ അറിയൂ ഒരു പുഴുക്കൻ കേട്ടിട്ടുണ്ടോ ഇല്ല ഇന്ന് തിളപ്പിച്ച് ഇന്ന് തന്നെ പുഴുങ്ങി ഉണങ്ങി ഇന്ന് തന്നെ കുത്തുന്നത് ഇന്ന് തിളപ്പിച്ചിട്ട് നാളെ രാവിലെ അതിന്റെ വെള്ളം ഊറ്റി കളഞ്ഞ് വെള്ളം കളഞ്ഞ് അടിയിൽ കുറച്ച് വെള്ളം വെച്ച് ആവി കയറ്റി പുഴുങ്ങി വാവൊട്ടി ഉണങ്ങിയിട്ട് കുത്തുന്നത് മുഴുവൻ അരിയായിട്ട് കിട്ടും മനസിലായില്ല അതിരിപ്പുഴുക്കൻ എന്ന് പറയും അത് അരി മുറിയില്ല ഒരു പുഴുക്കനാണെ ഒരരി പോലും രണ്ടാകാതിരിക്കില്ല മനസിലായില്ല അത് ഒരു കൊല്ലം പഴക്കമുള്ള നെല്ലിന്റെ അരിയാണെങ്കിൽ അത് രണ്ടായിട്ടാണ് വീഴുന്നതെങ്കിൽ അത് കഞ്ഞിവെച്ചു കഴിഞ്ഞാൽ കുടിക്കുന്ന മാത്രമേ ദഹിക്കൂ മനസ്സിലായില്ല നല്ല ദഹനശേഷിയുള്ളവൻ കൊടിയിലേക്കഞ്ഞി ഇടങ്ങേരി അരിയുടെ കുടിച്ചിട്ട് രാത്രി കിടന്നാൽ പത്തുമണിയാകുമ്പോൾ കേൾക്കും തള്ളയോ തന്നയോ പിടിച്ചു തിന്നും മനസ്സിലായില്ല ഇതൊക്കെ ആരോഗ്യശാസ്ത്രം കുടുംബത്തിലുണ്ടായിരുന്ന കാലമാ അല്ലാതെ ഗൈനക്കോളജിസ്റ്റിന്റെയും സൂപ്പർ സ്പെഷ്യാലിസ്റ്റിന്റെയും തലയിലല്ല ആരോഗ്യ ഇരിക്കുന്നത് ആരോഗ്യം അവനെ കുടുംബത്തിൽ വിവരമുള്ള പെണ്ണുങ്ങൾ ജനിക്കണം ഞാനിൻമണി പഴക്കമുള്ള ആളാണ് അതുകൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പ്രായത്തിൽ നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട് പക്ഷെ കാഴ്ചയിൽ ചെറുപ്പം എനിക്കാണ് അതുകൊണ്ടാണ് ഇത്ര ശക്തിയിൽ പറയുന്നത് തലമുറയുടെ അന്തരം നമ്മൾ തമ്മിൽ വളരെ വലുതാണ് അതൊന്നും പറയാൻ എനിക്ക് നോട്ട് വേണ്ട നിങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോഴേ നോട്ട് വേണ്ടു മനസിലായില്ല ആ പൊടിയരി കൂടെ കൊണ്ടുപോയി അത് വഴുകി കഞ്ഞിവെച്ചു കുടിച്ച് വ്രതമായിട്ടാണ് അവിടെ ചെല്ലുന്നത് ഇത്രയും വ്രതം ഈശ്വരനെ കാണാൻ ഒരു നേരം ആഹാരം കഴിച്ച് രണ്ടു നേരം വ്രതമായി എന്തെങ്കിലും ലഘുഭക്ഷണം കഴിച്ച് ഈശ്വര ബ്രഹ്മചര്യത്തോടുകൂടി ബ്രഹ്മചര്യമാണ് അവിടത്തേക്ക് പോകുന്നതിലെ ഏറ്റവും വലിയ വ്രതം ശരിയല്ല എന്നിട്ടാ ചൊല്ലണ എന്നിട്ടാണ് അവിടെ ചെന്ന് അവിടെ ആ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്ത ശുദ്ധമായ പശുവിൻ നെയ്യ് മെൽമല്ല കടക്കാരൻ കൊണ്ട് വച്ചിരിക്കുന്ന വെട്ടു മതി കാരണം ഒന്ന് പോകണം എനിക്കും എൻ്റെ കുട്ടികൾക്കും വർഷങ്ങളോളം അസുഖം വരാതിരിക്കാൻ മാരക രോഗങ്ങളെ മുഴുവൻ തടയാൻ അതിന് വ്രതനിഷ്ഠയോടുകൂടി വീട്ടില് കുളിപ്പിച്ച് ശുദ്ധമാക്കി നിർത്തിയ പശുവിനെ കറന്നെടുത്ത നാടൻ പശുവിന്റെ പാല് അതിൻ്റെ വെണ്ണയ്ക്ക് നല്ല നിറം കണ്ടിട്ടില്ല ഇപ്പോഴത്തെ വെണ്ണ അടുപ്പേ വെക്കുമ്പോ കക്കൂസിന്റെ മൂടി തുറന്ന പോലെ ഇരിക്കും കാരണം നിങ്ങളുടെ പുത്തൻ കൊടുത്തിട്ട് ചാണകം വരാൻ പറ്റില്ല മനസ്സിലായില്ല മനുഷ്യന്റെ മലവായിട്ടൊരു വ്യത്യാസവും ഇല്ല അതൊക്കെ ചാണകം എന്നിട്ട് മരുന്നിന് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അത് ചാണകമൊന്നുമല്ല രാസവസ്തുക്കള വന്ന് കൃത്യമായി ഈ പശുവ നിങ്ങളെ കുളിപ്പിച്ച് ശുദ്ധമാക്കി അതിന്റെ പാലെടുത്ത് നിങ്ങൾ ഉറച്ച് അത് രാവിലെ വെളുപ്പിനെ എഴുതേറ്റിരുന്ന് വെളുപ്പിനെ കടഞ്ഞില്ലെങ്കിൽ വെണ്ണ നിങ്ങൾ അത് ഫ്രിഡ്ജിലോട്ട് തള്ളും ഉറ കൂടിക്കഴിഞ്ഞാൽ അതിൽ തുറന്നാ വിശ്വ അടപ്പേ ഇടയ്ക്കുള്ളൂ അതിനകത്തുള്ള അമീബയും ബാക്ടീരിയയും വൈറസും കേറും കാരണം ഫ്രിഡ്ജ് അതിന്റെ കേന്ദ്രമാ അത് നിങ്ങള് മിക്സിൽ അടിക്കും അങ്ങനെ അല്ലെ അല്ലേടെ കൂടെ ഒരു വെളുത്ത പത കൂടെ വരും അപ്പൊ അത്രയും കൂടെ ലാഭമാണ് എന്നിട്ടത് ഉരുക്കും അതാ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇപ്പൊ അതിൽ എളുപ്പമുണ്ട് ഉറയ്ക്കേണ്ട പാലാത്തി അടിച്ച് ക്രീമിങ് എടുക്കും അതൊരുക്കി എണ്ണയായി വരും അതടിക്കുമ്പോ കൊളസ്ട്രോൾ കൂടും ശരിയായ വെണ്ണ കിടഞ്ഞിട്ട് ഒരു കിലോ വെണ്ണ ഒരു വീട്ടിലെ അംഗങ്ങൾ മൂന്നോ നാലോ പേർ ഒരു ദിവസം തിന്ന് തീർത്താലും കൊളസ്ട്രോള് കൂടില്ല അര കിലോ നെയ്യ് കഴിച്ചാലും കൂടില്ല ആയുർവേദ മരുന്ന് കഴിച്ചാൽ കൂടുന്നത് ഇന്ന് മേടിക്കുന്ന നെയ്യ് വെട്ട് ഈ പറഞ്ഞ പാലിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുത്തു നോക്കിക്കൊണ്ടാണ് നെയ്യ് കാറ്റി അല്ലാതെ ശരിയായ ഉറച്ചുണ്ടാക്കിയതല്ല പാല് നന്നായി കാച്ചി നല്ല പോലെ വെണ്ട പാല് തൈരോ മോരോ ചേർത്ത് വെച്ച് ഒര കൂടി അതിന്റെ പാകത്തിന് പുളിച്ച് അതിനൊരു മണമുണ്ട് അത് സ്ത്രീകൾ കരയായി എടുക്കുമ്പോ അതേ മോരാകുള്ളൂ രാവിലെ ഉറച്ച് വൈകുന്നേരം എടുത്താൽ മോരല്ല മനസിലായില്ല അത് കാച്ചുമ്പോ അതിനകത്ത് തൽപ്പം മോരും ചിലര് കറിവേപ്പിലയോ തേങ്ങ കൊത്തോ ഒക്കെ ഇടും ഒരു ഒന്നര കിലോമീറ്റർ ചുറ്റളവിലെത്തും അതിന്റെ സ്മെല് ആ ഒന്നര കിലോമീറ്ററിലുള്ള വൈറസുകളും അമിതകളും ബാക്ടീരിയകളും വരച്ചാവും ആ ഗന്ധം കൊണ്ടുപോലും അത്രയും ഔഷധ മൂല്യമുള്ളതാണ് ആ നെയ്യ് ആ നെയ്യ് തേങ്ങയിൽ നിറച്ച് ഇന്ന് നിങ്ങൾ പോകുമ്പോ എവിടെയാണ് ചെറിയ തേങ്ങ കിട്ടുന്നത് അച്ഛന്റെ നെയ് തേങ്ങയും മകന്റെ നെയ് തേങ്ങയും കൂടെ കൊണ്ടുപോകണം ചുമക്കാൻ പറ്റൂല്ല ശരിയല്ല ലോകത്ത് ഏറ്റവും വില കുറച്ചതായിട്ട് നെയ്യ് തേങ്ങയ്ക്ക് വലിപ്പം കുറയണ്ടേ ചുമക്കാൻ ശരിയല്ല മറ്റേ സംതൃപ്തിയായി എത്ര നെയ്യ് അത്രയും അത് കൊണ്ടുപോയി അവിടെ ചെന്ന് അഭിഷേകം ചെയ്ത് ആ നെയ്യ് കൂടാതെ വേറെ കിട്ടുമെങ്കിൽ കാശ് കൊടുത്ത് നെയ്യ് തന്നെ വഴിപാടായി വാങ്ങി തിരിച്ചു കൊണ്ടുവന്ന് സൂക്ഷിച്ചു വയ്ക്കും അതിൽ നിന്നൊരു നാവിൽ കൊടുത്താൽ രോഗങ്ങൾ പോകും കാരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിനു മുമ്പ് അവിടെ നിന്ന് വിഗ്രഹം അഗസ്ത്യരുടേതാണ് അത് നവഭാഷാണക്കെട്ടാണ് പളനീം നവഭാഷാണക്കെട്ടാണ് നിങ്ങളുടെ മ്യൂസിയത്തിൽ ചെന്നാൽ അഗസ്ത്യർ ഇതേ ആസനത്തിൽ ഇരിപ്പുണ്ട് മൃദംഗ ശൈലീശ്വരൻ അവിടെ മതഭാഷണല്ല അതിലോകം കൂടിയ സാധനമാണ് കേരളത്തിലും അടക്കം കേരളത്തിലും മുഴുക്കുന്നു മുഴുക്കുന്നോ മൃദംഗ ശൈലേശ്വരം അത് ഈ വിഗ്രഹം അല്ല വിഗ്രഹം വേറെയാ ഈ ദാനം അതേലഭിഷേകം ചെയ്ത നെയ്യ് ഒരു തുള്ളി കഴിച്ചാൽ ഔഷധമാ അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കല്ലും തടിയെടുത്ത് വെച്ച് തൊഴുന്നതല്ല അത് ഞങ്ങൾ ഘൂരദോഷികളാണ് തുടങ്ങിയത് പഴയകാലത്ത് ഇത് തൊഴാൻ ആരും പോയിരുന്നില്ല ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളൊന്നും പഴയകാലത്ത് ഇതുപോലുള്ള ആരാധനാലയങ്ങളായിരുന്നില്ല രാവിലെ പെണ്ണുങ്ങൾ പൂത്താരി എടുത്ത് ഇറങ്ങാറില്ല അതൊക്കെ ഇപ്പൊ ഇറങ്ങാൻ ഇറങ്ങിയതാണ് കുറച്ചമ്മമാര് കാരണം മറ്റവള് പള്ളിയിൽ പോകുന്നു അപ്പൊ നമ്മളും പോയില്ലേ മോശല്ലേ ശരിയല്ല അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നതിൽ അറുപത് കഴിഞ്ഞവരുടെ എളുപ്പത്തിൽ എത്ര പ്രാവശ്യം പോയിട്ടുണ്ടെന്ന് ഒന്ന് ചോദിക്കെ പോയിട്ടില്ല വീട്ടുകാർ പോവാൻ പറഞ്ഞിട്ടുമില്ല ഇപ്പൊ നിങ്ങളുടെ സംഘടനകളും കൂടെ കൂടി എല്ലാത്തിനും തള്ളി മുന്തി എഴുന്നള്ളിച്ച് ക്ഷേത്രം പുനഃപ്രതിഷ്ഠ നടത്താൻ പോകുമ്പോൾ ഈ വിഗ്രഹം എടുത്ത് ജർമ്മനിയിലോട്ട് കൊടുത്താൽ കോടികൾ ഇട്ടും അത് കഴിയുമ്പോ അമ്മലം കമ്മറ്റിക്കാരൻ ലോക കോടീശ്വരനായി ഒരു പുനഃപ്രതിഷ്ഠ കഴിയുമ്പോ പിരിവ് കൊണ്ടൊന്നും ഇത്രയും വിഗ്രഹങ്ങളും അതിന്റെ മോളിൽ നിന്ന് പഠിച്ച മറ്റു സാധനങ്ങളും ഇന്ത്യക്ക് വെളിയിൽ ലോകോത്തരങ്ങളായ വിപണികളാണ് ലോകമല്ല നവപാഷാണെന്ന് പറയുന്നത് ഒൻപത് പാഷാണങ്ങളുണ്ട് വൃക്ഷങ്ങൾ ആ ഒൻപതും അറിയാൻ ഇപ്പോഴും കെട്ടാൻ കളിയുന്നവരുണ്ട് പിന്നെ അതും അതൊന്നും അസ്തമിച്ചു പോയിട്ടില്ല അതൊക്കെ ഉപയോഗിച്ചുള്ള കളിയാ പ്രഭാകരനോടെ കിടന്ന് കളിക്കുന്നത് അല്ല പ്രഭാകരൻ നിങ്ങളുടെ ആധുനിക ആയുധം കൊണ്ടല്ല കളിക്കുന്നത് സിദ്ധ മുറയിലെ ആയുധങ്ങൾ കൊണ്ടാണ് പ്രഭാകരൻ കളിക്കുന്നത് നോക്കണം പ്രഭാകരനെ മനസ്സിലായില്ല തമിഴൻ നിങ്ങളെക്കാൾ ഭേദവാ അവന് പാരമ്പര്യമുണ്ട് അവന്റെ ജനിതകത്തിനകത്ത് തായി പിടിച്ചു ശതമാനം പോത്തും അറുപത് ശതമാനം കാടയും ചേർന്ന് സിസ് ബ്രൗൺ ക്രോസ് ഉണ്ടായ പോലെ ഉണ്ടായപ്പോഴാണ് ഈ ഗിതിയോടൊക്കെ പറ്റിയത് അല്ല അറുപത് നാപ്പത് അല്ല പഴനിയൊക്കെ മാറി പഴനിലെ വിഗ്രഹം കൊടുത്തോണ്ടാണ് ആ പെണ്ണും പിള്ളയ്ക്ക് ഇത്രയധികം ചെരുപ്പും ഇത്രയധികം സാരിണ്ടായത് സ്വർണ്ണ നൂലിയ സാരിയൊക്കെ ഉണ്ടായാൻ കൈക്കൂലി കൊണ്ട് മാത്രം തയ്ക്കുക നിങ്ങളുടെ ഭരണാധികാരികളും നിങ്ങളുടെ മമ്മൂട്ടിക്കാരും കൂടെ ഒക്കുകൂടിയവിടെയും വളർന്നു നോക്കുവല്ലേ സ്വർണം ഉണ്ടോ നിങ്ങളുടെ കുറ്റത്ത് ശരിയല്ല ഇല്ല എവിടെയാതാൻ തോന്നുന്നു പഴയതൊക്കെ തന്നെയാണോ അതൊക്കെ കടല് കിടന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചില് ശബരിമലയ്ക്ക് നീ വീഴുമ്പോൾ വിഗ്രഹം കളയാൻ വേണ്ടിയല്ല ആരാധനയെ എതിർക്കാൻ വേണ്ടിയല്ല അങ്ങനെയാ അതിങ്ങളെയൊക്കെ ധരിപ്പിച്ചതും വഴക്കുണ്ടാക്കിയതും അത് പൊക്കി മാറ്റിട്ട് അത് ഇട്ടത് എല്ലായിടത്തും പോയില്ല അപൂർവം ചെല്ലടത്തീരിപ്പുണ്ട് ശബരിമല അല്ലെ പഴയ വിഗ്രഹം ഇപ്പൊ ഇരിക്കുന്ന മഞ്ചലോക അതിന്റെ മുഖത്ത് നെയ്യ് ക്ലാവ് കിട്ടുന്നു എട്ട് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നെയ്യ് അതിലെ നെയ്യ് എടുത്തുപയോഗിച്ചാൽ വിഷമായിട്ട് മാറും വോട്ടുപാത്രത്തിനകത്ത് എട്ട് മണിക്കൂർ നെയ്യ് വെച്ചിട്ട് എട്ടു മണിക്കൂർ കഴിഞ്ഞ് ആ എടുത്ത് ഉപയോഗിച്ചാല് സർദിക്കും ഇത് വൈദ്യശാസ്ത്രമാ പറഞ്ഞത് വിശ്വാസത്തിനെതിരെ പറഞ്ഞതല്ല ലോഹല്ല ഒൻപത് വിഷങ്ങൾ ഗൗരീ പാഷാണോ തന്തുപാഷാണോ ഇങ്ങനെ പാഷാണങ്ങൾ സത്യ അല്ല ഭൂമി ഒഴിച്ചെടുക്കുന്ന ഉപധാതുക്കൾ വിഷങ്ങൾ അവയെ പ്രത്യേക വിദ്യയിൽ ഊട്ടിയോജിപ്പിച്ചുണ്ടാക്കുന്ന കല്ല് നവപാഷാണവും മറ്റും പൗർണമി വരുമ്പോൾ ഒരു വിഗ്രഹം തന്നെത്താനിരുന്നു വേർത്താൽ മനസ്സിലായില്ല കേട്ടിട്ടില്ല കേട്ടിട്ടില്ല ആ ഗണപതി പാല് കുടിച്ചതെന്ന് പറഞ്ഞ പോലെ ഗണപതി ഒരുപാട് ജീവനും പരിപാടിയൊക്കെ ഉണ്ട് മനസ്സിലായല്ലേ തീണ്ടാരി വിരുന്ന പാർവതി ഉണ്ട് ചങ്ങന്നു എന്നാ മതി കേട്ടില്ല അതിന്റെ കൂട്ടാദ്യം പഠിക്കണം അതെടുത്തോണ്ട് പോയിട്ടില്ലെന്ന് തോന്നുന്നു ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു അവിടെ ആ സമയത്ത് ഉടുപ്പിച്ച പട്ട് മേടിച്ചു മനസ്സു വരാത്ത പെണ്ണു നിൽക്കു വരുന്നത് അതിന്റെ ഔഷധ കൊണ്ടാണ് ഒരു വിവരമില്ലാത്ത ഒരു തലമുറ ഇനി വരാൻ പോകുന്നെന്നും ഈ കന്നുകാലികൾക്കൊന്നും വിവരം ഉണ്ടാവില്ലെന്നും ഇവൻ കുറെ ഡിഗ്രിയും സമ്പാദിച്ച് തെറ്റി അടക്കുകയുള്ളൂ എന്നും ഇവന്റെ തലമുറയ്ക്ക് യാതൊരു ജോലി ഉണ്ടാകാൻ പോകുന്നില്ലെന്നും മുൻകൂട്ടി കണ്ട പൂർവികർ അതിനു വെച്ചത് എടുത്തു തിന്നു മുടിച്ചിട്ട് തണ്ടാൻ തയ്യാറായ ഒരു തലമുറ മക്കളും മക്കളുടെ മക്കളും തണ്ടരുതെന്ന് തന്തയും തള്ളയും സമ്പാദിച്ചു വെച്ചിട്ടും അതിന്റെ ഉപഭോഗം പോലും തിരിച്ചറിയാനാകാതെ അതുപോലും വിറ്റ് തൊളച്ച് എന്നിട്ട് തണ്ടുന്നവൻ ഇങ്ങനൊരു രാജാവ് ഉണ്ടായിരുന്നു കേരളത്തിൽ ഒരു രാജകുമാരൻ തിരുവിതാംകൂർ മഹാരാജ അവന്റെ കുടുംബത്തില് ജ്യോതിഷികളുടെ നേരത്തെ പറഞ്ഞു അവൻ തെണ്ടുവന്നു തണ്ടാതിരിക്കാൻ ഒരുപാട് സ്വത്ത് പേരിൽ എഴുതി വെച്ചു അവസാനം തീരുമാനിച്ചു എന്തായാലും തണ്ടരുതെന്നോർത്ത് ഏത് സത്രത്തിൽ ചെന്നാലും ഉണ്ണാനുള്ള ടിക്കറ്റ് ഏർപ്പാടാക്കി കൈ കൊടുത്തു പക്ഷെ എല്ലാം വിറ്റ് അവസാനം ആ ടിക്കറ്റും കൂടെ വിറ്റ് മേടിച്ച് ഉണ്ടി അവന്റെ തലമുറ ഞാൻ പറഞ്ഞ ചരിത്രത്തിലെ ആളാണ് ഉണ്ടാക്കി പറഞ്ഞല്ല ഒരു തിരുനാളാ പേര് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് തിരുവിതാംകൂർ രാജ്യം ചരിത്ര എടുത്ത് പഠിക്കാം തിരുവിതാംകൂർ രാജ്യ ചരിത്രം എടുത്ത് പഠിച്ചാൽ നിങ്ങക്ക് കിട്ടുയാളെ പറഞ്ഞല്ല തിരുവിതാംകൂർ കാര്യം കുറച്ചുപേരും ചെലിപ്പുണ്ടെന്ന് തോന്നുന്നു അല്ലേ റാവൻ തോന്നുന്നു അല്ലേ ചിത്ര തിരുനാളും മൂലം തിരുനാളും ഒന്നും ഇതൊരു തിരുനാളാണ് തന്നി പിടിക്ക് എല്ലാം പറഞ്ഞു തന്ന ഒരു സൂര്യനുണ്ട് അതുകൊണ്ട് മുഴുക്കുന്നിലെ മൃതംഗശൈലേശ്വരത്തിലെ വിഗ്രഹം എടുത്തുകൊണ്ട് പോയാൽ പകുതിയാകുമ്പം മോഹാലധ്യം വരും മോഷ്ടിക്കുന്നവർ ഞാൻ പറഞ്ഞ പോലീസ് ഓഫീസർ ജോർജ് എട്ട് പ്രാവശ്യം ആ വിഗ്രഹം മോഷ്ടിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ജോർജായിരുന്നു ഒരേ സ്ഥലത്ത് നിന്നാണ് വിഗ്രഹം തിരിച്ചു കൊണ്ടുപോയത് അവിടം വരെ എത്തുമ്പോഴേക്ക് എടുത്തവന് തലവെച്ചു ഇട്ടിട്ടോടും ജോർജ് തന്നെ ഇന്റർവ്യൂല് ടി വിയിൽ പറഞ്ഞതാണ് ഏ അതിന്റെ അത് കയ്യിൽ കൊറതുമ്പോൾ സൂക്ഷിക്കണം അതിന് ചില സങ്കേതങ്ങൾ അറിയണം ആ വിഗ്രഹത്തിലെ കൂട്ട് കയ്യിൽ വെച്ചോണ്ടിരിക്കണമെങ്കിൽ കയ്യിൽ വെച്ചോണ്ട് ഇത്ര മണിക്കൂറിൽ കൂടുതൽ ഇരിക്കണമെങ്കിൽ അതിനുള്ള ചെറിയ ചെറിയ പ്രതിപ്രയോഗങ്ങൾ അറിയണം അപ്പൊ ഇങ്ങനെയുള്ള പഴയ കൂട്ടുകളുണ്ട് ആൽക്കമിയുടെ ആൽക്കമി എന്ന് പറയും കെമിസ്ട്രി